ബ്രാഹ്മണ സ്ഥിതി സർവതസമ്പ്ണം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു യദാശയ ിൽ നിന്ന് ഗുരുവനും എന്താവശ്യമാണെന്നുള്ള ഏറ്റവും എന്ത് പ്രയോജനമാണെന്നുള്ളത് അതുമാത്രമേ ആയിട്ടുള്ള അവിടെ എന്ത് സ്ഥിതി അതുപോലെ വിചാരിതാപ്രാമന വൈദിക മുമ്പ് ത്രൈവിണർമികൾ ഗ്രാമീസ് ഇവർക്ക് എല്ലാ വേദങ്ങളിൽ നിന്നും മോക്ഷസാധനം വരുമ്പോൾ മാത്രമേ അവർ സ്വീകരിക്കുന്നു ബാക്കിയെല്ലാം മനുഷ്യ സ്വീകരിക്കുന്നില്ല ഇതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് അതേ വേഗം നമ്മൾ ചലച്ചിതാണോ ഒരുപാട് വളച്ച് തിരിച്ച് പൊടിച്ച് മുടക്കിയൊക്കെയാണ് കുറച്ചും കൂടി സ്ട്രേറ്റാണ് ഗ്രാമങ്ങളിലെത്തുന്നത് ഈ പദ്യം തന്നെ കുറച്ച് പ്രശ്നമുള്ളതാണ് പദ്യത്തിനു കൊണ്ട് പ്രശ്നം ച്ചാല് ഞാൻ ചില പദ്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഒരു സംസ്കൃതത്തിന്റെ പ്രാഥമികമായ ഞാനുള്ള അർത്ഥം തോന്നും മനസ്സിൽ പിന്നെ അതാണ് എന്റെ അർത്ഥം ചില പദ്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും തോന്നത്തില്ല അർത്ഥം ഇപ്പോഴെന്റെ അർത്ഥം ആരൊന്നും പറഞ്ഞ് വ്യാഖ്യാനം വായിച്ചാലും ഒരവ്യുക്തമായ ധാരണ കൊടുക്കും പിന്നെ ചിന്തിച്ച് മനസ്സിലാക്കണം ഇതാണ് ഇന്നതായിട്ട് അങ്ങനെ ഉള്ളൊരു അവ്യുക്തമായ പദ്യമാണ് പദ്യത്തിന് വേണ്ടി കൊടുക്കണം അതിനോടൊപ്പം വ്യാഖ്യാനം ഓരോരുത്തരും അവരവരുടെ കൗശലങ്ങളും വീട്ടുകയും വേണ്ടി കൊടുക്കണം ഇവിടെ രാമാചാര്യന്റെ വ്യാഖ്യാനത്തിൽ ഞാൻ രണ്ടു ദിവസം പറഞ്ഞാൽ സഹോദര സംബന്ധോദ പൊതുഭാഗങ്ങൾ വിശേഷമാണ് നന്നായിട്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സന്യാസിർത്ഥം പറഞ്ഞു പറയുന്ന തരത്തിൽ ഒരു സന്യാസത്തെ രാമാനുചാരി ശങ്കരാചാര്യ പറയുന്ന തരത്തിലുള്ള സന്യാസം സർവകർമ്മ സന്യാസം അത് രാമാനായിട്ട് അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല സന്യാസി അംഗീകരിക്കുന്നുണ്ട് രാമാനുജാ സർവകർമ്മങ്ങളെയും ഇരിക്കാമെന്ന് പറയുന്നത് സമാധിയിലെ സാധ്യത കൊന്നു അയാൾ സമാധിയിരിക്കുകയാണെങ്കിൽ അയാൾക്ക് സർവകർമ്മമായി രക്ഷി ശങ്കരായിട്ട് പറയുന്നത് ഞാനും സന്യാസി ലക്ഷി ഞാനെന്നിഷ്ഠ അവിടെ സന്യാസിയാണ് അതിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് അയാൾ സന്യാസികൾ ഉപേക്ഷിച്ചവനാണ് രാമാനുജാ എന്ന് പറയുന്നത് ജ്ഞാനനിഷ്ഠയിൽ സന്യാസമുണ്ട് പക്ഷെ അത് നിത്യനൈമിത്തിക കർമ്മങ്ങൾ ഒഴികെയുള്ള കർമ്മങ്ങൾ അത്യാസം കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഇവിടെ നിത്യ നൈമിതികം കാമ്യ നിഷിദ്ധം എന്ന് പറയുന്ന വൈദിക കർമ്മങ്ങളിൽ നിന്നുകൊണ്ടാണ് ഗീതയിലെല്ലാ കർമ്മങ്ങളും പറയുന്നുണ്ടെങ്കിൽ അടിസ്ഥാനം വൈകിയ കർമ്മമാണ് ഇവിടെ തന്നെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് വൈദ്യം ഉഷന്നവർ അപ്പൊ ഞാനും എസ്റ്റിന് കർമ്മമുണ്ടെന്നുള്ള പക്ഷമാണ് ബ്രാഹ്മണില്ലാത്തത് പിന്നെ കർമ്മം ഇല്ലാത്തത് മുക്തനാണ് മുക്തനെന്ന് പറഞ്ഞാൽ എവിടെ ഇവിടെയല്ല വൈകുണ്ടത്തിൽ ഇരിക്കുന്നവർക്കും കർമ്മങ്ങളും നിങ്ങൾ രണ്ടിടത്തുമല്ല വ്യത്യാസം ചന്ദ്രായെന്ന് പറയുന്ന തരത്തിൽ സർവകർമ്മ സന്യാസത്തെ സ്വീകരിക്കുന്നില്ല എന്ന സന്യാസം അംഗീകരിക്കുന്നു അത് ഉപസ്രെച്ചുകൊണ്ടാണ് ഇവിടെ എനിക്ക് വ്യാഖ്യാനങ്ങൾ പോകുന്നത് ഈ സന്യാസം ഞാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ പരലോക കാര്യങ്ങൾ വഴി ഇവിടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സാമാനുജാതിൽ കുറച്ചുകൂടി പ്രായോഗികമായിട്ടൊക്കെ നിലപാടാൻ ശ്രമിച്ചു കുറച്ചൊക്കെ നടപ്പിലാക്കാവുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് പല ഭാഗങ്ങളും പല വ്യാഖ്യാനം പല വിഭാഗങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സങ്കുതായം പറയുന്ന സന്യാസം അത് എനിക്കൊരു പ്രായോഗികമായ കാര്യമാണ് വ്യത്യാസമാണ് ഇവിടെ നിന്ന് എന്ത് കാര്യം ചെച്ച് ചെയ്യുന്നത് ഗ്രാമനും ഗ്രാമികൾ നടത്തുമ്പോൾ ശേഖരായിരുന്നു സന്യാസികൾ പൂർവോക്ഷണത് ഗ്രാമ പഞ്ചാബ് ഗ്രാമനഷ്ടാധ്യം ആസൂത്രം അനുസരിച്ച് പ്രജാപതിയുടെ അത്യം പ്രജാപതിയുടെ സന്താന ഒരു ബ്രാഹ്മണന്റെ സന്ത അതിനെ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റും അത് ഒരു യഥാർത്ഥമാണ് അതിനെ ജാതി അത് പാണിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണൻ പറയുന്ന ശബ്ദമേ സിദ്ധിക്കായി ബ്രാഹ്മണൻ പറയുന്നത് ഭാഷാപരമായി ബ്രാഹ്മണ ശബ്ദം സിദ്ധിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവണമെങ്കിൽ തന്നെ ബ്രാഹ്മണരുടായ മാത്രമേ ബ്രാഹ്മണങ്ങൾ പറയാൻ ഇന്ന് സൂചനമാർ പറഞ്ഞതുപോലല്ല കാര്യങ്ങളൂടെ പറഞ്ഞില്ല പക്ഷേ ഇവിടെ ബ്രാഹ്മണ ശബ്ദത്തിന് ആ പാരമ്പര്യ ബ്രാഹ്മണൻ എന്നല്ല പറയുന്നത് മൂന്ന് പേരെയും ബ്രാഹ്മണൻ ശക്തിയും മൂന്ന് ജാതികളും അതങ്ങനെ ശരിയാകും ഇതാണ് വളരെ പ്രസംഗം അതിനാണ് ഇവിടുത്തെ സമാധാനം പറയുന്നത് തത്രാഹസം ബ്രഹ്മ മണനീരെയുമാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഏത് ശബ്ദത്തിനും നിരത്തി പറയും വിപ്പത്തി പറയും എന്തർത്ഥവും പറയും അതൊരു കൗശലമാണ് ഒരു കാര്യം എവിടെ വേണം കൊണ്ടെത്തിക്കും അങ്ങനെ ഈ സിദ്ധാന്തങ്ങളെല്ലാം ദ്വീതമായി കൊണ്ടെ അദ്വൈതമായിക്കൊണ്ട് നിഷ്ടാദ്വൈതമായി കൊണ്ടെ ഈ പറയുന്ന സിദ്ധാന്തങ്ങളെല്ലാം സമർപ്പിക്കുന്നു പ്രത്യേക വയസ്സിലുള്ള ഇതിനൊക്കെ സമർപ്പിക്കുന്നു ഈ കൗശലം ഉപയോഗിച്ചിട്ടാണ് നില സമർപ്പിക്കാം അല്ലാതെ ഈ പാവങ്ങൾ സ്ത്രീശൂത്രന്മാർ വിചാരിക്കുന്ന പോലെ ഇതെന്തെങ്കിലും അനുഭൂതിയോ അനുഭവമാകുന്നവർക്ക് പ്രത്യേകിച്ച് അങ്ങനെയുകൊണ്ട് ഒരു സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ പറ്റില്ല അടുത്ത ശിഷ്യന്മാരോട് ചെറിയ രഹസ്യമായി പോലെ ഒരു സദസ്സിലൊന്നും പറയാൻ പറ്റും പണ്ടു അങ്ങനെ ഹിന്ദു അങ്ങനെ കൗശലല്ല ആ കൗശലമാണ് പാണ്ഡിത്യം ഒരു ശബ്ദത്തിന് എന്തായിരിക്കും പറയാം ഇങ്ങനെ പല ശബ്ദങ്ങൾ ഇവിടെ നിരത്തി കുറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരുടെ വലിയ പണ്ഡിതന്മാരായി വിലസുന്ന കുറെ ആൾക്കാർക്ക് ഉണ്ട് അവരിങ്ങനെ വലിയ ജ്ഞാനികളും പൂജ്യനുമായി ഉയർത്തുന്നതൊക്കെ സാമാന്യജനത്തിൽ ഭാഷയെക്കുറിച്ച് ധാരണയില്ലാതെ അതുകൊണ്ട് മാത്രം അല്ലാതെ ഈ പറയുന്ന രീതിയിൽ യാതൊരു കഴമ്പുണ്ട് അതൊക്കെ വെറും അർത്ഥശൂന്യമാണ് ഇവിടെ പറയുന്നോക്കുക ബ്രഹ്മ അണതീ എഴുതിയാ സംഗതി എളുപ്പം സാധിച്ചു ബ്രഹ്മ അണതി അണശബ്ദയും അണതി ശബ്ദിക്കുന്നു ബ്രഹ്മവേദം വേദത്തെ പറയുക വേദാധ്യയനം ബ്രാഹ്മണ ബ്രാഹ്മണക്ഷത്തിനു വയസ്സിൽ മൂന്ന് ജാതികളാണ് എത്ര എളുപ്പത്തിൽ കാര്യം സാധിച്ചു അപ്പോ പാരമ്പര്യ ബ്രാഹ്മണനല്ല മറ്റുള്ളവർക്കൊന്നുമൊക്കെ ഇത്തരം അഭ്യാസങ്ങളൊക്കെ ഇറങ്ങാനും കുറച്ച് സംസ്കൃതം ധരിക്കാനോ ഉണ്ടെങ്കിൽ സാധിക്കുന്ന കാര്യങ്ങളുണ്ട് ഇതിലെന്താ കൊഴപ്പം ഒന്നും ഇങ്ങനെ ചിന്തിക്കാൻ ഇതിന് കുഴപ്പമുണ്ട് ഇത്തരം ബുദ്ധിപ്രസക്തികളുണ്ട് സമൂഹത്തിൽ നിലവിലിരിക്കുന്ന സാമൂഹ്യ സ്ഥിതികളെ യഥാർത്ഥമായി മനസ്സിലാക്കാൻ സഹായിക്കുക മനുഷ്യന്റെ ഇടയിൽ ഇതൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് ഈ വ്യാഖ്യാനം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ എന്താണ് ഇതൊക്കെ ചില സോഷ്യൽ റിയാലിറ്റികളാണ് ബ്രാഹ്മണ നക്ഷത്ര മനസ്സിലാണ് അത് ഈ വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ല സമൂഹത്തെ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഓരോ ജാതികളും പാരമ്പര്യമായി ഇന്ന ജാതി എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും അതായത് പറയുന്നത് അതിനപ്പുറം അതിനകത്ത് വരുന്ന കാര്യമാണ് എന്തുകൊണ്ട് അതിന്റെ സോഷ്യൽ റിയാലിറ്റിയാണ് അതിനിപ്പം നല്ലതായിരിക്കാം മോശമായിരിക്കണം അത് അതിന്റെ ഗുണദോഷ വിചാരം മറ്റൊന്നാണ് പക്ഷെ മറ്റൊന്ന് അതിന്റെ യാഥാർത്ഥ്യമാണ് സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളാണ് വ്യാഖ്യാനങ്ങൾ എന്ത് ചെയ്യുന്നു അത്തരം സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയക്കും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കും അതാണ് നോക്കേണി എവിടെയും പോലും വാദികൾ എന്താണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണജാതി ക്ഷത്രിയ ജാതി വൈസിജാതി വാദിക്കാൻ അനുഭവിക്കും അതാണ് കോശ് പക്ഷെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നു കരിക്കത്തില്ല ബ്രാഹ്മണൻ ബ്രാഹ്മണജാതി വേറെയാണ് ക്ഷത്രിയജാതി വേറെയാണ് സൂത്രജാതി വേറെയാൾ എല്ലാം അപ്പോ ഇവിടെ എളുപ്പത്തിലെന്ന് പറഞ്ഞു ബ്രഹ്മ ആ ദേവീകരിക്കുക ബ്രാഹ്മണങ്ങ പിന്നെ എന്താണ് ബ്രഹ്മശബ്ദത്തിൽ ബ്രഹ്മൻ ശബ്ദമാണ് അവിടെ അനുവരുന്നു കൃതന്ധമാണോ കർത്തരി അച്ചുവരാം അന്തരിചാതിന് തുടങ്ങിയ ചലവഴിച്ചിട്ടുണ്ട് അച്ചുവരുന്നു ബ്രഹ്മൻ കൃത്ത സമാസത്തെ പ്രാധീനം ബ്രഹ്മൻ നകാരത്തിന് നിലവോ പ്രാതിരിക്കുക രിക്കർദ്ധാരണം വളരെ സ്ഥലം ഭക്തരി വഴി പരുവരുന്നു ബ്രഹ്മണ മരുന്നു പരുമരുടെ പ്രജ്ഞാതിരിക്കും പ്രത്യേകം ബ്രാഹ്മണ അത് ആദിവിദ്യ തദ്ദേശജാമുണ്ട് പഠിച്ചിട്ടുള്ള ബ്രാഹ്മണശ്വ ശബ്ദത്തിനെന്താ വേദം പഠിക്കുന്നവരായപ്പോൾ മൂന്നുപേരും ബ്രാഹ്മണർ അതോ അത്ര ബ്രാഹ്മണ ശബ്ദം വൈദിക ബ്രാഹ്മണിച്ച വൈദികരോപദേശം വേദം അധീതയൊക്കെ ദ്വേദം വേദത്തെ അധ്യയനം ചെയ്യുന്നതാണ് വൈദികൻ എന്നൊരു ബ്രാഹ്മണയാണ് ഇതിനാണ് ക്ഷത്രിയാത്വ ഉപദേശം പറ്റി അതുകൊണ്ട് ഇവിടെ ബ്രാഹ്മണസ്യാമെന്ന് കാരണം ഇതിപ്പോ ഭഗവാൻ ഉപദേശിക്കുന്ന ഒരു ക്ഷത്രിയാണ് പക്ഷെ ഇത്രയും ഉദ്ദേശിക്കുമ്പോ എന്താണ് ബ്രാഹ്മണൻ എന്ന് ഞാൻ അർജുനെന്താ പ്രയോഗം ബ്രാഹ്മണന് വേണ്ടി എന്താ ഉപദേശിക്കും അപ്പൊ അവര് ബ്രാഹ്മണൻ പറഞ്ഞാൽ അർജുനം ബ്രാഹ്മണമാണെന്നും ശബ്ദവിപത്തി അനുസരിച്ച് സോഷ്യൽ റിയാലിറ്റി അനുസരിച്ച് അതുകൊണ്ട് കുഴപ്പമൊന്നും രേഖ ക്ഷത്രി ഉപദേശിക്കുന്ന ഒന്നും ആക്കോല്ല ക്ഷത്രിയനും വൈസ്യനും ബ്രാഹ്മണനാണ് ബ്രഹ്മശ്രക്ഷേത്ര സന്യാസികളുടെ ശങ്കരവാദിമന്ത്രം ഇവിടെ ബ്രാഹ്മണക്ഷേത്രത്തിൽ ശങ്കരാചാര്യ സന്യാസി നടത്തി തന്റെ സിദ്ധാന്തത്തെ ഒപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ട് ഒപ്പിക്കൽ പരിപാടി അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് നീ എന്ത് മന്ദ മണ്ടത്തരമാണോ പറയുന്ന ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണോ നീ എന്ത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞാൽ നീ മണ്ടലാണെന്നാണ് നീ മണ്ഡലമാണെന്ന് പറയുന്ന മണ്ടത്തരമാണോ അതുപോലെയാണ് ചങ്കരാചാരൻ പറയുന്നത് അതിമണ്ടത്തരം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണോ എന്താണ് പറയാൻ വേണ്ടിയല്ല ശങ്കരാചാര്യ പറയുന്ന അതിമണ്ടത്തരം ഒന്നാണ് എന്റെ അർത്ഥം എന്താ ശങ്കരാചാര്യ പരമ മണ്ഡലം എന്നാണ് ഇങ്ങനെ ശങ്കരാചാര്യ മണ്ഡലം എന്നാണ് പറയുന്നത് അത് ഇവിടെ മാത്രമല്ല ി നിരന്തരം ഇത് അവസാനിക്കുന്നത് വരെ വേദാനന്ദ ദേശികൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ സങ്കരണ വ്യാഖ്യാനങ്ങൾ എല്ലാം മണ്ഡലം അബദ്ധമാണ് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്റെ അർത്ഥം ഇല്ലാതെ ഇങ്ങനെ എന്താണ് സർവത സമ്മതം ഉതകെ ഉതഭാഗം ഈ അഭാഗമാണ് നിറഞ്ഞു കഴിഞ്ഞിട്ട് യഥാർത്ഥം ഒരു എന്ത് പ്രയോജനമാണുള്ളത് അതുപോലെ വിജാഗ ബ്രാഹ്മണസിൽ സർവേക്ഷമുക്ഷായ ഒരു വൈദികന് ഗജ് ബ്രാഹ്മണ നക്ഷത്ര സർവവേദങ്ങളിൽ നിന്നും മോക്ഷസാധനങ്ങളും അതാണ് അത് പ്രയോജനമായിരിക്കും സ്വർഗസാധന സ്വീകരിക്കുന്നതാണ് അത സത്വത്വ സി മൂഷു വേദ ഉപാധേയം ഇത്യാഹ അടുത്ത് പറയുന്നു അതുകൊണ്ട് സത്വസ്ഥ സത്വനിഷ്ഠനായ മുമുക്ഷോ മുമുക്ഷന് വേദാവദേവോപാദേ ഇതാണ് സ്വീകരിക്കാൻ സ്വീകരിക്കുന്നത് അപ്പോ ഇവിടെ അർജുനന് സത്വസ്ഥനായിട്ടാണ് കേട്ടത് അങ്ങനെയല്ലെങ്കിൽ പിന്നെ എന്തിനാ കർമ്മയോഗം അറിഞ്ഞതിനോട് ചെയ്യാൻ പറയും അങ്ങനെ ചിത്തശുദ്ധി വന്നതിനാണെങ്കിൽ അവന് ജ്ഞാനയോഗത്തിനാണല്ലോ അധികം രാമാനുചാരിചാര്യം അത് ഏറെക്കുറെ സമ്മതിക്കുന്നുണ്ട് സത്വസ്ഥനാണ് ഇപ്പൊ സത്വനിഷ്ഠനാണെങ്കിലും കർമ്മയോഗം ചെയ്ത് കുറച്ചുകൂടെ ഒരു പാകത വരാതെ അർജുനൻ അതുകൊണ്ടാണ് ഇവിടെ കർമ്മയോഗത്ത് ഉപദേശം അപ്പോ കർമ്മയോഗം ചെയ്യാതിന് സത്വസ്ഥനായും സത്വനിഷ്ഠനെ കർമ്മയോഗം ചെയ്യാൻ പറ്റും അല്ലാത്തവനും സത്കർമ്മയോഗിക്കാൻ പറ്റും അത് ശരിയാണല്ലോ കർമ്മയോഗം എന്ന് പറയുന്നതും ഒരു ഉയർന്ന തരത്തിലുള്ള ആത്മീയ സാധനയുള്ള യോഗ്യതയില്ലാത്തതും ചെയ്യാൻ പറ്റും യോഗ്യത ചെയ്യാൻ പറ്റും എന്നാൽ മുമ്പോട്ടൊരു വ്യക്തമായി പറയും ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശേഷമാണ് അതിന് കുറച്ചും കൂടി മെച്ചപ്പെട്ട യോഗ്യത വേണം അതിനു വേണ്ടിയിട്ട് കർമ്മയോഗത്തിലൂടെ വരുന്ന ചിത്തശുദ്ധിയും ആവശ്യപ്പെട്ടു അതുകൊണ്ട് കർമ്മയോഗം ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് ഇവിടെ അംഗീകരിക്കും കർമ്മയോഗത്തിൽ ആത്മജ്ഞാനം അതും സ്വീകരിക്കുന്നു കർമ്മയോഗം ചെയ്യുന്നിടത്തും ആത്മജ്ഞാനമുണ്ട് അതുകൊണ്ടാണ് സത്വസ്ഥനെന്ന് പറയുന്നത് വരുന്ന സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ താഴെ ഇദ്ദേഹം ർ മോക്ഷതിലങ്ങനെയാണ് കാമചാരോക്ഷസാധന വഴികൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാണ് മോക്ഷസാധനം ഒതുമായിക്കോളട്ടെ അത് വഴിക എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിത്യനൈമിത്യ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെ കഴിഞ്ഞാൽ അവനെന്ത് യാതൊരു നിയമവും ഇല്ലാതെ പ്രവർത്തിക്കുന്നു അതാണ് കാമചാര ദോഷം ഇഷ്ടം പോലും പ്രവർത്തി അപ്പോ കർമ്മത്തിന് ചില നിയമങ്ങൾ വയ്ക്കുന്നതാണ് നിത്യ നെയ്മിത്യകർമ്മം അത് ചെയ്യണം കർമ്മയോഗത്തിലായാലും വേണം ഞാനിഷ്ഠയിലായാലും വേണം അക്കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇത് പറഞ്ഞത് അത് ഈ സംവിധാനം നിലപാട് ഞാൻ അനിഷ്ട എന്ന് പറഞ്ഞാൽ അത് സന്യാസം ഒരു സംശയവും ശ്രവണമനനങ്ങൾ മാത്രം അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക എന്ന് പറയുമ്പോൾ അവിടെ കർമ്മ അനുഷ്ഠാനമേ പാടില്ല അവന് ആത്മബോധമുണ്ട് അവരജ്ഞാന സംശയ വിജയങ്ങൾ പരിഹരിക്കാനാണ് ശ്രവണമനനങ്ങൾ അവിടെ കർമ്മത്തിന് യാതൊരു പേക്ഷിച്ചതിൽ ആ നിലപാടിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ പറയുന്നത് കർമ്മീവാസ് കർമ്മഫലഹേത സിമ്പിളായ സംസ്കൃതം അറിയാവുന്ന ഒരു വ്യാഖ്യാനം വേണ്ടതിന്റെ അടുത്ത കർമ്മിയേവാധികാരത്തെ മാമേഷ് കഥാ കർമ്മി എന്താണ് അതിന്റെ അർത്ഥം തേന്ന് പറഞ്ഞ നിനക്ക് കർമ്മണി അധികാര എന്ന് പറഞ്ഞ കർമ്മത്തിൽ മാത്രമാണ് അധികാരം ഇപ്പൊ കർമ്മത്തിൽ മാത്രവും നിന്നുകൊണ്ട് പറഞ്ഞു അടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണോ കഥാചൻ മാ ഫലേഷ് ഒരിക്കലും ഫലത്തിന്റെ അധികാരം ഇല്ല വളരെ വ്യക്തമായി ഇതിന് ഭാഷ്യെന്തിനാ ഒരു വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോ കാരണം ആദ്യം പറഞ്ഞു കർമ്മണി എന്ന് പറഞ്ഞാൽ ഏവയുടെ അർത്ഥം കർമ്മത്തിൽ മാത്രം ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഗീത ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരും ഇത് പ്രസംഗെടുത്ത് പറയുകയെന്ന് പരിചയമുണ്ട് രാഷ്ട്രീയ പ്രസംഗങ്ങളെപ്പോലും പറയുന്നില്ല അവർ ഗീതയുടെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല എങ്കിലും ഇത് അവർക്കറിയാം കാരണം ഇത് അത്രയും പ്രചാരം കിട്ടിയത് അതുകൊണ്ട് ആദ്യത്തെ ഏവാന്ന് പറഞ്ഞത് എന്താണെന്ന് അടുത്ത് ഭഗവാനിൽ നിന്ന് വ്യക്തമാക്കിയത് എന്താണ് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ള ഫലത്തിൽ അധികാരമില്ല എന്നല്ല അതിനെ നമുക്ക് ഭാഷ്യം വേണോ ഇത് മനസ്സിലാക്കാൻ ആവശ്യമേ മാ കർമ്മഫല ഹേതുഭൂ മാന്ന് വെച്ചാടില്ല അത് അങ്ങനെയാണെങ്കിൽ ഭാഷ്യത്തിൽ നമുക്ക് കൂടുതലും മനസ്സിലാക്കണം കർമ്മഫല ഹേതുവാകരുത് ഇത്രയും നമുക്ക് മനസ്സിലാവരുത് അത് കർമ്മവും ഫലവുമാണോ കർമ്മത്തിന്റെ ഫലമാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം പക്ഷെ ഇത് ശരിയാണല്ലോ കർമ്മഫലത്തിന് ഹേതുവാകരുത് മാ തേ സംഗസ്വകർമ്മി അകർമ്മി സംഗ മാ അകർമ്മം എന്ന് വെച്ചാൽ എന്താണ് കർമ്മം ചെയ്യാതിരിക്കും കർമ്മം ചെയ്യാതിരിക്കില്ല താല്പര്യം വരുന്നുണ്ട് അലസനായി കർമ്മം ചെയ്യാതെ ഇതും വളരെ സ്പഷ്ടമാണ് അതുകൊണ്ട് അവിടെ എല്ലാ വിധത്തിലും ഇങ്ങനെ പ്രയോഗിക്കും ഇത് ചൊല്ലുമ്പോൾ തന്നെ ആൾക്കാർക്ക് അർത്ഥം തോന്നും പിന്നെ ആദ്യത്തെ ഭാഗം നോക്കുക നിത്യേ നെയ്നിത്തിയേ നിൽ കാമേക്കാരണം പഴയ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ ആ വൈദികമായ പശ്ചാത്തലത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് കർമ്മം എന്ന് പറയുമ്പോൾ ഗീതേതൻ എന്താണ് പശ്യൻ ചുമ എന്ന് പറഞ്ഞ എല്ലാ കർമ്മങ്ങളെ കുറിച്ചും ഇവിടെ പറയുന്നു നിത്യം നയ്യും ഈ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ ഈ മൂന്ന് കർമ്മങ്ങളാണ് ലഖ്യേനത്തിൽ ഫലവിശേഷികളുടെ സംബന്ധിതായ ശ്രീഹമാണ് ഏത് കർമ്മങ്ങളായാലും ശരി വേദത്തിൽ പറയുമ്പോൾ ഓരോന്നിനും എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ അവിടെ പറഞ്ഞിരിക്കും ഏതെങ്കിലും ഫലവിശേഷം ഏതെങ്കിലും ഒരു ഫലത്തിനോട് സംബന്ധതയാണ് ബന്ധിപ്പിച്ചാണ് കർമ്മങ്ങളെ കുറിച്ച് പറയുക സ്വർഗകാമ യുക യാഗം ചെയ്യാൻ പറയുന്നു എന്താണ് സ്വർഗം സ്വർഗത്തെ ഉദ്ദേശിച്ചാണ് കർമ്മങ്ങളും എന്തെങ്കിലും ഫലത്തോട് ബന്ധപ്പെടുത്തിയ പറയുന്നത് അങ്ങനെയുള്ള സ്ത്രീയമാണ് എന്നിട്ട് വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ നിത്യസത്വസ്ഥ പറയുന്ന നീ നിത്യ സത്വഗുണത്തിന് സ്ഥിരീകുന്നവനാണ് എന്തുകൊണ്ട് അങ്ങനെയുള്ളവനാണ് മൂക്ഷം സത്വഗുണമില്ലാത്തവനൊരിക്കലും മോക്ഷമാണ് അങ്ങനെയുള്ള തേ കർമ്മമാത്രേ അധികാര കർമ്മത്തിൽ മാത്രമാണ് നിന്റെ അധികാരം അധികാരം എന്താണെന്ന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് വേദാന്ത ദേശികൾ പറഞ്ഞാലും എന്താണ് അധികാരം മത അഭിരക്ഷിത സാധനത്വ മതർത്ഥം ഇതം കർമ്മ ഇത്യഭിമാനം ഓർമ്മയുണ്ട് ഈ അധികാരം എന്ന് പറഞ്ഞില്ല ഈ പ്രവൃത്തി എന്റെ ഇഷ്ടത്തിന് ഉപകരിക്കുന്നതാണ് അതുകൊണ്ട് ഈ പ്രവൃത്തി എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഒരുവരും തോന്നുന്ന അഭിമാനം അനിയാണ് എന്റെ അദ്ദേഹത്തിന് വ്യാഖ്യാനത്തിന് വന്നതാണ് ഈ പ്രവൃത്തി ഞാനെന്താണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഈ പ്രവൃത്തി എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ആ പ്രവൃത്തിയിൽ ഒരാൾക്ക് അഭിമാനം കൊണ്ട് ഇതാണ് അധികാരം ഉള്ളത് വൈദികമായ അധികാരം ഇതാണ് അപ്പോ നീ ഒരു മോക്ഷമാണ് നിനക്ക് കർമ്മത്തിലെ ഇത്തരത്തിൽ അധികാരം ഉള്ളൂ തത്സംബന്ധിതയായ അവഗതേഷ ഫലേഷ കഥാചിതപ്യധികാരം ഈ കർമ്മത്തിന് അവിടെ ബന്ധപ്പെടുത്തി വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളിൽ പശു സ്വർഗം പുത്രം തുടങ്ങിയ ഫലങ്ങൾ തത്സംബന്ധിത അവകദേശം കൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ആ ഫലങ്ങളിൽ കഥാചിതപ്യധികാരം ഒരിക്കലും നിനക്ക് അധികാരമേയില്ല കർമ്മത്തിന് മാത്രമല്ല ഫലത്തിന് ഈ നേരത്തെ പറഞ്ഞ ലക്ഷണം അനുസരിച്ചും വരയ്ക്കുന്നത് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നതിനുള്ള ഒരു ഉപായമാണ് എന്ന് ഫലത്തിൽ ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ലല്ലോ സ്വർഗ്ഗം ഞാൻ ആഗ്രഹിക്കുന്നതിനെങ്കിലും വേണ്ടിയുള്ള ഒരു ഉപായമല്ല അത് കാരണം അത് ഫലമാണ് ഉപായമില്ല ഉപേദമാണ് ഫലമാണ് സർക്കത്തെ സംബന്ധിച്ച് നമ്മുടെ പറയാൻ വേണ്ടി പശു പുത്രൻ ഇതൊക്കെ അങ്ങനെയാണ് അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ കുറിച്ച് വിധിക്കുന്ന നടത്തിയത് വേദവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം നമ്മുടെ ലൗകിക ബുദ്ധിയോണ്ട് ചിന്തിക്കണം വേദവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അവിടെ കർമ്മത്തെയും ഫലത്തെയും പറഞ്ഞു അപ്പൊ ഫലം കേൾക്കുമ്പോൾ ആഗ്രഹം തോന്നുന്നു പശു വേണം എന്നൊക്കെ തോന്നും അപ്പൊ അതിനെന്താണ് ഇന്ന കർമ്മം ചെയ്യുന്നത് പുത്രനു വേണ്ടി പുത്രകാമ്യ ഇതെനിക്ക് വേണ്ടിയാണെങ്കിലും എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുക അവനെന്ന് വെച്ച ഫലമായതുകൊണ്ട് തന്നെ അതെന്താണ് അത് മറ്റൊരു ഫലത്തിനുവേണ്ടിയുള്ളതല്ല അതുകൊണ്ട് അവിടെ ഇത്തരം അഭിമാനം വരത്തില്ല അതുകൊണ്ടൊരാൾക്ക് അധികാരം അത് സംഭവിക്കത്തില്ല അവിടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ പ്രത്യേകം എന്താണ് തത്സംബന്ധിതത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളും വേദത്തിൽ പറയുന്ന ഫലങ്ങളെടുക്കണം അജനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്ന നിത്യകർമ്മമാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത് സ്വർഗമാണ് രാജസവുമാകാം യുദ്ധമെന്ന് ജയിച്ചുകൊണ്ട് രാജസ്വം ഫലം മരിച്ച സ്വർണം അപ്പം നിത്യകർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് എന്തായാലും ആ ഫലത്തിനു വേണ്ടിയാണ് ഫലം എന്തെന്ന് വേദത്തിൽ പറയുന്ന ഫലമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലൗകിക ബുദ്ധിയിലൂടെ കണ്ടെത്തുന്ന ഫലങ്ങളല്ല വേദത്തിൽ സംബന്ധിതയാകദേശവും എന്നതാണ് വേദത്തിൽ തന്നെ ഇന്നതാണ് കർമ്മം ഇന്നതാണ് ഫലമെന്ന് പറഞ്ഞാൽ അതാണ് ഫലം പിന്നെ അതിന് എന്തെങ്കിലും ഫലമുണ്ടോ എന്നൊക്കെയുള്ളത് വേറെ വിഷയങ്ങളാണ് പശു കുട്ടി കഴിഞ്ഞാൽ പശുവിന്റെ പാലൊരു ഫലമല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം വേദത്തിൽ പശുവിന്റെ പാലല്ല ഫലമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണോ പശുവിനെ അതാണ് ഫലം അത് സാധിക്കുന്നതിനെന്താണ് അവിടെ പറയുന്നത് കർമ്മം അങ്ങനെയാണ് കർമ്മത്തെയും ഫലത്തെയും അതായത് ഉദാഹരണം പറഞ്ഞ ദർശപൂർണമാസ യാഗങ്ങൾ അതൊരു യാഗമാണ് മീമാംസരം ചർച്ച ദർശപൂർണമാസ യാഗത്തിന്റെ ഫലവും കുറിയ സ്വർഗമാണ് എന്നാൽ ഇതിന്റെ അകത്തൊരു ചെറിയ ചടങ്ങ് എന്താണ് അവിടെ ഈ ആചമനം ചെയ്യുന്നതിന് വേണ്ടി മൺപാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് സൂക്ഷിക്കണം ഇത് മീമാംസയുടെ ഒരു ധാരണയാണ് ആ വെള്ളം കൊണ്ടുവരുന്നത് അവിടെ പശുവിനെ തറക്കുന്ന ആ പാത്രത്തിൽ തന്നെ വെള്ളം കൊണ്ടുപോകുന്ന നിറയ്ക്കാം അല്ലെങ്കിൽ വേറെ പാത്രത്തിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കാം അപ്പൊ പശുവിനെത്തിറക്കുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുന്നവരാണ് പശു വേണമെന്ന് ആഗ്രഹിക്കുന്നത് പശു എന്ന് വെച്ചാൽ നമ്മുടെ പശുവല്ല അത് ആടോ പശുവോന്നുമാകാം അപ്പോൾ അത് ആഗ്രഹിക്കുന്നവനെന്ത് ചെയ്യണം അഡീഷൻ ഈ ലോകത്തിൽ തന്നെ മത്സ്യൻ ഈ ലോകത്തിൽ പശു വേണമെന്നുണ്ടെങ്കിൽ പശുവിനെതിർക്കുന്ന പാത്രത്തിൽ ചമസേനാപഹ തൃണീയ ഗോദൂഹലേന പശുക്കാമ എന്നാണ് വേഗം പറയുന്നത് ോദോഹനം എന്ന് പറയുന്ന പാത്രം ആ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അവന് പശുവിട്ട് കൊണ്ടാണ് അവിടെ കർമ്മം എന്താണ് ഗോദോഹനം എന്ന് പറയുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകും ഫലം എന്താണ് പശു പശുവിനെ കൊണ്ടുവന്ന് ഫലം എന്നൊന്നും വേദത്തിൽ കുറയുന്നു കർമ്മവും ഫലവുമായിട്ട് വേദത്തിൽ എങ്ങനെ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു അത് മാത്രം ചിന്തിച്ചാണ് പിന്നെ നിങ്ങളുടെ ലൗകിക ബുദ്ധി അനുസരിച്ച് ചിന്തിക്കും പശുവിനെ വന്നു കഴിഞ്ഞാൽ ഫലമെന്ന് പറയാൻ പറ്റും കാരണം പശു വന്നു കഴിഞ്ഞാൽ നല്ല പശു ആണ് കൊത്തിക്കഴിഞ്ഞാൽ എന്തൊരു അപകടവും അപ്പൊ ദുഃഖഫലോ ഉണ്ടായിട്ട് പാല് തന്നാൽ നല്ല ദൈവത്തിൽ നല്ല എന്നൊന്നും ചിന്തിക്കരുത് അതെന്താണ് സുഗയമാണ് ഫലം അതാണ് അത് പറഞ്ഞ് ഫലവിശേഷിക സംബന്ധിത പറഞ്ഞതാണ് അത് വൈദികമായി തന്നെ ചിന്തിക്കണം നമ്മുടെ ലൗകിക യുക്തിയിലല്ല ചിന്തിക്കേണ്ടത് മീമാംസയെ കുറിച്ച് നമുക്ക് ബോധം വേണം കുറച്ചെങ്കിലും അതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കുന്നതിനെ മീമാംസാ ധരിക്കാണ് വേണമെന്ന് സാമാന്യമായി പഠിപ്പിക്കുന്നു കർമ്മത്തിന് പശു എന്ന് പറഞ്ഞു ഇന്ന കർമ്മത്തിന് പശു അത് ചെയ്താൽ പശു പശുവോ ആടോ ചെമ്മരിയാടോ അല്ലെങ്കിൽ പശുവോ കാളയോ എന്തെങ്കിലുമൊക്കെ കിട്ടും ഈ ജന്മത്തിൽ തന്നെ മരിക്കും അപ്പൊ പറഞ്ഞാൽ അവിടെ ചിന്തിക്കണം നേരിച്ചാണിപ്പോ അക്കാര്യങ്ങളൊന്നും പറയും അപ്പൊ ഫലത്തില് നിങ്ങൾക്ക് ഒരിക്കലും അധികാരമില്ല കർമ്മത്തിനാണ് അധികാരമൊന്നാണ് പിന്നെ കർമ്മം എന്താണ് ഫലം എന്താണെന്നുള്ളത് ഇത് ഒരു പതിനൊന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ചിന്ത അനുസരിച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കും നമ്മൾക്കൊക്കെ ജീവിക്കുന്ന നൂറ്റാണ്ട് പേരെയാണ് ജീവിച്ചിരുന്ന നൂറ്റാണ്ട് പേരെയാണ് ഈ കർമ്മത്തിന്റെ ഒരു പ്രസക്തിയുള്ള ഇതൊക്കെ കുറെയൊക്കെ മനുഷ്യരെ അനുഷ്ഠിച്ചിരുന്ന കാലം ഇതാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇത് ഞാൻ ഒരു വ്യക്തമായി പറയുന്നത് രണ്ടായാലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാക്കാൻ ഇത് ശങ്കരാരാധ്യനു വ്യാഖ്യാനിക്കുന്ന കർമ്മ നിയമത്തെ നമ്മൾ കർമ്മത്തിൽ മാത്രമാണ് അധികാരം ഇത്തരം പറഞ്ഞതിന് ശേഷം സങ്കരം പറയുന്നത് എന്താണ് നിഷ്ഠയില്ല അധികാരം ഇല്ല ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് വീരനെന്താ പറഞ്ഞത് ഫലത്തിലധികാരമില്ല സങ്കരങ്ങനെ വ്യാഖ്യാനിച്ചു ഞാനിന്റെ ഇഷ്ടമില്ലെന്ന് പറയാറില്ല അതുകൂടെ പറഞ്ഞിട്ടുണ്ടോ അതാണ് സിദ്ധാന്തങ്ങളെ കുത്തിത്തിരുക ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാതാക്കന്മാരെല്ലാം അവരുടെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തങ്ങളെ തിരുക്കിക്കേറ്റാൻ വേണ്ടിയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് അത് ശങ്കരേന്റെ സിദ്ധാന്തമാണ് അത് ഗീതിയിലുണ്ടെന്ന് വരുത്തി തീർക്കണം അതിനുവേണ്ടിട്ടാണ് പറഞ്ഞത് എന്താണോ നനക്ക് കർമ്മത്തിലെ അധികാരങ്ങളോ ജ്ഞാനനിഷ്ഠയിലെ അധികാരമില്ല എന്ന് ഇവിടെ വെക്കാൻ ഇനി അർജുനന് ജ്ഞാനനിഷ്ഠയിൽ അധികാരമുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ പക്ഷെ ജ്ഞാനനിഷ്ഠയില് അധികാരമില്ല എന്ന് പറയുന്ന ഒരു അർത്ഥമാണോ ഇവിടെ ഗീതാകാലം പറഞ്ഞത് എന്നാദാണോ പറഞ്ഞത് എന്തിനധികാരമില്ലെന്നോ പറഞ്ഞത് ഫലത്തിൽ എന്തിനാണോ അധികാരമില്ല എന്നുള്ള കാരണം അധികാര എന്തിന് അധികാരമില്ലാന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാണോ ഫലത്തിൽ അധികാരമില്ലെന്നാവാൻ അവിടെ എവിടെ നിന്നോ കൊണ്ടുവന്നെന്താണ് ജ്ഞാനനിഷ്ഠ അദ്വൈതികളെല്ലാം ഇങ്ങനെ വ്യാഖ്യാനിക്കും നിഷ്ഠ അതിന് നിനക്ക് അധികാരം ജ്ഞാനനിഷ്ഠയെ അധികാരമില്ലെന്ന് എന്തിനു പറഞ്ഞു ശങ്കരായങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അർജുനൻ ക്ഷത്രിയനാണ് സന്യാസത്തിന്യാലും ഞാനൻ ക്ഷതിയാസ ജ്ഞാനം സന്യാസം അതാണ് പറയുന്ന പ്രശ്നമുണ്ട് അനേഷ്യാനിച്ചത് സങ്കട ശങ്കരാചര്യൻ ഇവിടെ അധികമായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കാണ് എന്താണ് പരീക്ഷ എന്നുള്ളതിനും പറയും അതുകൊടുത്ത് വയ്ക്കാനില്ല ബലത്തിലധികാരമില്ലെന്നുള്ളത് കൂടുതലായി പറയും ഇവിടെ അതാണ് പറയുന്നത് സ്വന്തം സിദ്ധാന്തത്തെ തിരികിക്കേറ്റ് ജ്ഞാനനിഷ്ഠയ്ക്ക് അധികാരമില്ല ഫലത്തിലധികാരമില്ല എന്നുള്ള കാര്യം ശങ്കരാകാര്യൻ അനുകരിക്കുന്നുണ്ടായാലും കുഴപ്പമൊന്നുമില്ല അംഗീകരിച്ചുകൊണ്ട് തന്നെ കൂടുതലായി പറയണത് ജ്ഞാനനിഷ്ഠയിൽ നിനക്കറിയാറില്ല എന്നുള്ളത് ഈ വരികളിൽ ഒരിടത്തും പറയാക്കത്ത പിന്നെ ശങ്കരാചെന്നോട് പറഞ്ഞു വെച്ചാൽ അത് തന്റെ സിദ്ധാന്തം ഇപ്പൊ ഗീത പറയുന്നത് തന്റെ സിദ്ധാന്തമാണെന്ന് വരുത്തിത്തീർത്തു ഇതെല്ലാ ഏകാതാക്കൾക്കും ഉള്ള ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യാഖ്യാനം വായിച്ചിട്ട് ഇതാണ് ഇതിന്റെ പരമമായ ശക്തി എന്ന് പറഞ്ഞ് പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ശങ്കരാചാര്യെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിർബന്ധമുണ്ട് ഞാനെന്നെങ്കിൽ അർജുനന് അധികാരങ്ങളാണ് ഞാൻ വിഷയം പറയുമ്പോ തന്നെ എന്താണ് ശങ്കരാ പറയുന്ന തരത്തിലുള്ള സന്യാസം അധികാരം സമ്മതിക്കാം സിദ്ധാന്തം അങ്ങനെയാണ് സിദ്ധാന്തത്തോടെ നമുക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമുണ്ട് അവരാളുടെ സിദ്ധാന്തം പക്ഷെ അത് പറയുന്നതിലൂടെ എന്തെങ്കിലും അവസരം ഉണ്ടോന്നുള്ളതാണ് അതാണ് വൃത്തം കാരണം ഇവിടെ എന്തിനധികാരമില്ലെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അതല്ലേ പറയേണ്ടത് ഫലത്തിൽ അധികാരമില്ലെന്നല്ലേ പറയേണ്ടത് അത് ശങ്കരാചാര്യർ അംഗീകരിച്ചു പക്ഷെ തന്റെ വകം ഒരു കൂട്ടിച്ചേർത്ത ഗുണവർക്ക് ഞാൻ നിഷ്ട്രീയം അധികാരം ഇത് ഇവിടെ മാത്രമല്ല ഉപനിഷ വ്യാഖ്യാനങ്ങൾ സർവത്ര ശങ്കരാചാര്യ വായിക്കർത്ഥം പറയുമ്പോൾ സംഗ്രാഹകാര് എഴുതിയിരിക്കുന്നത് അർത്ഥം പറയുക അതിന് കഴിയുന്നത്ര അതിനെ പൊക്കിപ്പറയുക കഴിയുന്നത്ര അതിനെ മഹത്വപ്പെടുത്തിപ്പറയുക അങ്ങനെ പറയുന്നതാണ് സാമ്പ്രദായികമായ വ്യക്തമുള്ളതുകൊണ്ട് ഇതാണ് നമ്മളത് തന്നെ പിന്തുടരും സാധനം എടുക്കും നമ്മൾ കാരണം എന്താണ് സാമ്പ്രദായികമായി വ്യാഖ്യാനിക്കുക എന്നാണ് പറയുന്നത് സാമ്പ്രദായികമായി വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയങ്ങൾക്കുപരിയായി വ്യക്തിക്ക് പ്രാധാന്യമില്ല അതാണ് സാമ്പ്രദായികമായി വരയ്ക്കാൻ ഒരു ദോഷം ആശയങ്ങളെക്കാൾ പ്രാധാന്യം വ്യക്തിക്കുന്നു പറഞ്ഞ എന്താ നിങ്ങളിപ്പോ ആശയങ്ങളെ മുൻനിർത്തി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആശയങ്ങൾ നല്ലതായി സ്വീകരിക്കുക മോശമായ ആളുകളെ ആശയങ്ങളല്ല നല്ല ആശയങ്ങളെ സ്വീകരിക്കുക ആരുടെ നോക്കുക സാമാനുചാര്യം ശരി ശങ്കരാചാര്യ ശരി നല്ലതിനെ സ്വയ്യ മോശം തള്ളിക്കളയുക യുക്തി കിന്നിരക്കാത്ത തള്ളിക്കളയുക അപ്രസക്തമായ തള്ളിക്കളയുക കാലോചിതമല്ലാത്തൊരു തള്ളിക്കളയുക കാരണം എന്തുകൊണ്ട് നമുക്ക് പ്രതിബദ്ധത ആശയങ്ങളോടാണ് വ്യക്തിയോടൊക്കെ നമുക്ക് ദഹിക്കത്തക്കെ ആശയങ്ങളെ സ്വീകരിച്ചാണോ മായ ആശയങ്ങളെ സ്വീകരിച്ചാണ് മറിച്ച് സാമ്പ്രദായകളോടിയും പറഞ്ഞില്ല നമ്മുടെ വ്യക്തിക്കാണ് പറഞ്ഞത് വ്യക്തി പ്രാധാന്യം നിറഞ്ഞാൽ ഒരു വ്യക്തി എന്ത് പറഞ്ഞു അത് സ്വീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരും എന്തുകൊണ്ട് എന്താ കാരണം വ്യക്തി പറഞ്ഞതും ശങ്കരാചാര്യ സമ്പ്രദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ശങ്കരാചാര്യ എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കണം അത് ശരിയോ എന്ന് നിങ്ങൾ വിവേചനം ചെയ്തു കഴിഞ്ഞാൽ വിമർശിച്ചു കഴിഞ്ഞാൽ ആ ഒരു മഹാവി പറഞ്ഞിരിക്കുന്ന വിമർശിക്കാൻ നീ കാരണ ഇല്ല അത് ആശയങ്ങളോടുള്ള പ്രതിബദ്ധത അല്ല പ്രതിബദ്ധത ആശയങ്ങളിലുള്ള തെളിച്ചല്ല തെളിച്ചമറക്കും ആശയങ്ങളിലുള്ള വ്യക്തത തെളിച്ച എല്ലാം മറിച്ച് വ്യക്തിയോടുള്ള അന്ധമായ ആരാധന ഇതാണ് ഇതിന്റെ കുഴപ്പം സംബന്ധിച്ചത് ഇതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അല്പം ബൗദ്ധിക നിലവാരങ്ങളിലും അങ്ങനെ എന്നാലീ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വിമർശനാത്മകമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തയ്ക്ക് പകരം വെറുപ്പാണ് വരുന്നതെങ്കിൽ എന്നതിനോട് ഞാൻ പറയുന്ന ആശയങ്ങളോടും അറിയുന്നോടും വരികയാണെങ്കിൽ അത് ബൗദ്ധിക നിലവാരത്തിന്റെ താഴ്ചയെ കാണുന്നത് അത്രയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്കതിൽ പരാതിയില്ല അതുകൊണ്ടാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയിലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതെനിക്കൊരു പ്രശ്നമേ ആരെങ്കിലും എന്നെങ്കിലും എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ഒരു മാറ്റം സംഭവിക്കും എന്നൊരു നേരിയ പ്രത്യക്ഷ എന്റെ മനസ്സിലുണ്ടാക്കുന്നു എന്നെങ്കിലും മനുഷ്യൻ കുറച്ചുപേരും ആ ഭൗതിക നിലവാരത്തിലേക്ക് ഉയരും അത്രയും മതി ഒരാളെങ്കിലും മാറിയാണ് വ്യക്തി ആരാധന മുൻ മൂത്ത് ആ വ്യക്തി പറയുന്ന അബദ്ധങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് ആശയങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുണ്ട് ആശയങ്ങളുടെ തെറ്റ് ആശയങ്ങളോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് നന്മയും തിന്മയും ശരിയും തെറ്റും യുക്തിയും ചിന്തിച്ച് മനസ്സിലാക്കാറുള്ള അതില്ലെങ്കിൽ തന്നെ എല്ലാവര് പറയും അതാണ് പരമപ്രാമാണി എന്ന് പറയും സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് വേഖ്യാന് എന്ന് പറയുമ്പോൾ പല ആൾക്കാർ ഇങ്ങനെ സ്വന്തം ആശയങ്ങളെ അതിലേക്ക് കയറ്റി വിടുക ഗീതയിലെ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഇതിലില്ലാത്ത ഒരാശയത്തിൽ ഇതിലുണ്ടെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക വെട്ടികളാക്കുക എന്നർത്ഥം ഈ ഒരു തകരാതെ ഇതിനകത്ത് അത് ഞാൻ രണ്ട് വ്യാഖ്യാനം പറയുന്നത് രാമാനുചാചാര്യ ചെയ്യുന്നില്ല എന്നതിന് ശേഷം ശങ്കരാമാനുചാചാര്യ അത് ചെയ്യുന്നു നമ്മുടെ മനസ്സിൽ അന്ധമായ ആരാധനകൾ രണ്ടിലാരോടെങ്കിലും ഉണ്ടെങ്കിലും ഒരിക്കലും ഗീതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയത്തില്ല ഈ ഒരു വിഷയം ഞാൻ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടവർക്കെല്ലാം അവരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോടും എന്നോടും വെറുപ്പുണ്ടായിട്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല അതെനിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ പരിഹാരം നിലവാരം ബൗദ്ധിക നിലവാരം താഴ്ന്നതുകൊണ്ട് അപ്പോ ഇതിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ് ഒരു വ്യാഖ്യാനവും വേണ്ട കർമ്മത്തിലാണ് നിനക്ക് അധികാരം ഫലത്തിലധികാരം ഇല്ല മറിച്ച് കർമ്മത്തിലാണ് നിനക്ക് അധികാരം ജ്ഞാനനിഷ്ഠയിൽ നിനക്ക് അധികാരമില്ല എന്നൊരർത്ഥം ഇവിടെയില്ല വേറെ എവിടെയില്ല അങ്ങനെയൊരർത്ഥം ഇല്ലായിക്കോട്ടെ ഇവിടെ ഇല്ല ഇവിടെ കുത്തിത്തിരിയ വ്യാഖ്യാനം ഇതൊരു സൂചനയായിട്ട് ഞാൻ പറയുകയാണ് ഇത് ഭാവിയിലും പല ഭാഗങ്ങളിലും ഇത് വീട്ടുമാണ് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് എന്താണ് ശങ്കരവ്യാഖ്യാ ഹരിമന്ത ശങ്കരവ്യാഖ്യാനം പരമമണ്ഡലത്തിൽ ഇത് മണ്ടത്തരമല്ല ഇതൊരു ആധിബുദ്ധ്യം അതിന് വേണ്ടത്ര ശുദ്ധി അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു സിദ്ധാന്തത്തോടും അങ്ങനെ യുക്തിഹീനമായ അനവസരത്തിനുള്ള അന്ധമായ പ്രതിബദ്ധത ആവശ്യമുണ്ട് എന്തിനാത് അതുകൊണ്ട് എന്താ പ്രയോജനം അങ്ങനെ ഏതെങ്കിലും ഒരു ആശയത്തോട് യുക്തിഹീനമായ അന്ധമായ പ്രതിബദ്ധത ഒരുപോലെ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് എന്താണ് അവൻ അതിന്റെ പേരിൽ അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു ഏതൊരു സംശയം സ്വന്തം ജീവിതത്തെ അവർ നശിപ്പിക്കുക അല്ല സ്വന്തം ജീവിതമാണെന്ന് നശിക്കുന്നത് അതാ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു അന്ധമായ പ്രതിബദ്ധത ഒന്നോടും നോക്കേണ്ട കാര്യമാണ് അപ്പോ എന്താണോ ശരി എന്താണോ തനിക്ക് പറ്റിയത് എന്താണോ കാലത്തിന് ചോദിച്ചത് അത് സ്വീകരിക്കുക എവിടെ നിന്നായാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നായാലും ശരി നിങ്ങൾ സ്വയം ചിന്തിച്ചു മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊന്നായാലും ശരി അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ ജീവിതത്തിൽ തന്നെ ഒരു ധന്യത ഉണ്ടാകും അങ്ങനെ അവൻ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ജീവിതത്തെ ബലി കൊടുക്കുകയാണ് അന്ധത കേട്ടിട്ട് ആവശ്യമില്ല അതിന്റെ അതിന് രണ്ട് ചിന്തായോഗ്യത നമുക്ക് അതുകൊണ്ടിവിടെ പറയുന്ന വ്യാഖ്യാനം നമുക്ക് നിത്യേ നൈമിതിക കമ്മ്യ നിത്യം നൈമിതികം കാമി മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ കേനക ഫലവിശേഷ സംബന്ധിതയായ സ്വീയമാണേ കർമ്മണേ വേദത്തിൽ എന്ന് ഫലത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ നിത്യസത്ത് നിത്യസത്വന ഇവിടെ ശങ്കരവ്യാഖ്യാനങ്ങളിൽ മസൂര സർസിയെ പോലുള്ളവരെല്ലാം പറയുന്നത് എന്താണ് എന്താണ് അർജുനൻ രജോ ഗുണപ്രധാന അതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് അപ്പോ അർജുനന്റെ ബുദ്ധിക്ക് ദോഷങ്ങളുണ്ടെന്നുള്ള രാമാനുജാചാര്യം അങ്ങനെയാണ് ആണോ കർമ്മയോഗം ചെയ്യേണ്ടി വരുന്നത് പക്ഷെ കർമ്മയോഗം ചെയ്യുന്നതിന് വേണ്ടതും നിത്യസത്വസ്ഥനാണ് നിത്യസത്വമാണ് അല്ലെങ്കിൽ കർമ്മയോഗം ചെയ്യാൻ കഴിയാത്തത് രജോ ഗുണമുണ്ടെങ്കിൽ അവൻ എന്താ സാധിക്കുന്നത് കർമ്മം ചെയ്യും കർമ്മയോഗം സാധിക്കും കേവലമായ കർമ്മങ്ങൾ അത് രജോഗുണം കൊണ്ടാണ് ചെയ്യും അത് ശരിയാണ് ബ്രാഹ്മണക്ഷത്രവീശാം ശുദ്രാണാം ജപരന്ത കർമാണി പ്രവിഭക്ത സ്വഭാവ പ്രഭയർ ആ ഗുണം രജോ ഗുണമുള്ളവൻ അവനാണ് ക്ഷത്രിയനായി ജനിക്കുന്നത് പൂർവ്വജന്മത്തിലെ തീരുമാനിക്കുന്ന കാര്യമാണ് ഈ സിദ്ധാന്തം സ്വഭാവമില്ല പൂർവ്വജന്മത്തിൽ നിന്നാണ് ഇതിൻ്റെ സംസ്കാരം ആ ഗുണം കൊണ്ടാണെൻ്റെ ഈ ജോലിത്വം ജനിക്കുന്ന അവന്റെ കർമ്മം അവൻ കർമ്മം ചെയ്യണം അവന്റെ കർമ്മങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറയാം യുദ്ധം പറയണു അവിടെയാണ് രജോ ഗുണത്തിന്റെ പ്രാധാന്യം ഇനി ആ കർമ്മം കർമ്മയോഗമാവണം അതൊരു ആത്മീയ സാധനയാണ് അതിന് സത്വഗുണം ആവശ്യമാണ് നമ്മുടെ സത്വ ഗുണവും വേണം എന്നാൽ ഇനി അവർ ബുദ്ധി ശുദ്ധി ആവശ്യമുണ്ട് അതുകൊണ്ട് കർമ്മയോഗം ചെയ്ത് അതും നേണം രണ്ടും തമ്മിലും വലിയ വ്യത്യാസവും അതുപോലെ അവരുവത സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് അതിന് രണ്ടുപേർക്ക് സ്വാഗതം അപ്പോ രാമാനുചാചാര്യർ അങ്ങനെ തീരെ മോശക്കാരനായിട്ടല്ല അർജുനൻ കാണുന്നത് സത്വമുള്ളവനായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് കർമ്മത്തിനപ്പുറം അർജുനനും കർമ്മയോഗത്തിന് അധികാരിയാകുന്നത് അതുകൊണ്ടാണ് അർജുനനൊരു ഭക്തനാണ് സത്വം ഉറപ്പുള്ളവന് മാത്രമേ ഭക്തിപരത്തും ഞാൻ രാമാനുചാചാര്യർ പറയും കേവല രജോ ഗുണമാണെങ്കിൽ അവന് ഭക്തി വരത്തില്ല അർജുന ഭക്തനാണ് ഭക്തോസി ഭഗവാൻ സ്വയം ചർച്ചയിട്ട് പോയി നീ ഭക്തനാണ് അപ്പൊ ഭഗവാനിൽ നിന്ന് നേരിട്ട് അംഗീകാരം കിട്ടിയ ഒരു ഭക്തനാണ് അപ്പൊ സത്വഗുണമില്ലാതെങ്കിലും ഭക്തനാണ് ഇതെല്ലാം ആലോചിക്കുമ്പോൾ രാമാനുചാരി പറയുന്ന എന്താണോ സത്വഗുണമുള്ളവരാണോ അതുകൊണ്ടാണ് യോഗം അനുഷ്ഠിക്കുന്നത് അതുകൊണ്ടാണ് മോക്ഷമാണ് സത്വഗുണമുള്ളവനെ മൂക്ഷമാണ് നിത്യവും സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നു ആർക്ക് ആ എന്നാണ് ഭഗവാൻ പറയുന്നു നേരത്തെ ശ്ലോകത്തിൽ വന്നാണത് നിത്യസത്വസ്ഥ നിർ യോഗ ക്ഷേമ ആത്മാവാൻ ഭഗവാൻ തന്നെ അർജുനന് കൊടുത്ത സർട്ടിഫാണത് ആ അതുകൊണ്ട് കർമാനടുത്തടുത്ത് പറയും അല്ല വ്യാഖ്യാനത്തിൽ വന്നതല്ല നിത്യസത്വസ്ഥനാണ് എന്ന് പറയുന്നു അതിനെ വർദ്ധിപ്പിക്കാനാണ് പറയുന്നത് അത് രാമാനുചാര്യ ആവർത്തി ഇനി അവസാനം വരെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തുകൊണ്ട് ശങ്കരാചാര്യ തന്നെയായിരിക്കും രജോ ഗുണപ്രധാനിയാണെന്ന് പറയുന്നു അതുപിന്നെ അവരുടെ വ്യാഖ്യാന രീതി എന്നുള്ളതേയുള്ളൂ നമുക്കൊന്നും പറയാൻ അഭിപ്രായം പറയാനില്ല രാമാനുചാര്യരുടെ വ്യാഖ്യാനം ഇതാണ് ഭഗവാൻ അഭിജാദോസി മുമ്പോട്ടും പറവീ സമ്പത്തിന് വിളിംഗീകരിച്ചാണ് ദേവി സമ്പത്തുള്ളവനാണ് ദേവീസമ്പത്തുള്ളവൻ സത്വുണില്ലായിരുന്ന ഒരാൾക്ക് ദേവീ സമ്പത്ത് ഉണ്ടാവും അദ്ദേഹം സത്യസംസ്തരും ഞാൻ പറഞ്ഞാണ് അതായത് അർജുനന് ആധ്യാത്മികമായ കർമ്മയോഗ അനുഷ്ഠാനത്തെ നിയോഗിക്കുകയാണ് പ്രോത്സാഹനം വന്ന എന്താ വെറും പ്രോത്സാഹനമാണ് വെറും വെറുതെ പറയും വെറുതെ പറയുകയാണെങ്കിൽ പിന്നെ അത് പറയൂ ഞാൻ നിനക്ക് വെറുതെ പറഞ്ഞതാണ് നീ ഇതൊന്നും കാര്യമാകണ്ട അങ്ങനെയൊരിടത്തും പറയുന്നില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും അങ്ങനെ പറയാനില്ല മറിച്ച് ആവർത്തിച്ചവർച്ച് പറയുന്നത് എന്താണ് നീ ഭക്തനാണ് നീ എനിക്ക് പ്രിയോസ് നീ അങ്ങേറ്റം പ്രിയപ്പെട്ടവനാണ് നീ സത്വസ്ഥനാണ് നീ സത്വഗുണത്തിന് വേണ്ടി ജനിച്ചവനാണ് എന്നിട്ട് ആവർത്തിച്ചാവർത്തി പറയും അത് വെറുതെ പറയുന്നു അതിനെ പിന്നെ അങ്ങനെ പറയണമെങ്കിൽ നിരന്തവും വെറുതെ പറയുന്നു ഒരു കാര്യം നിരന്തരം അഭ്യാസവും അപൂർവതാ ഫലം അർത്ഥവാദോ ഉപ ഉപക്രമം അഭ്യാസ അപൂർവതാഫലം ഒരു ശാസ്ത്രത്തിന്റെ അഭ്യാസം നിരന്തരം ആവർത്തിച്ചൊരു കാര്യം അതാ ശാസ്ത്രത്തിന്റെ താല്പര്യമാണ് ശാസ്ത്ര താല്പര്യത്തെ നിർണ്ണയിക്കുന്നതിന് സ്വീകരിക്കുന്ന ഒരു അഭ്യാസം നിരന്തരം ആവർത്തിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ അത് അർത്ഥവാദമല്ല വെറുതെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗീതം മുഴുവൻ വെറുതെ ഇങ്ങനെ പറഞ്ഞാണ് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ലെന്നു വിപരീതമായ ഫലം ഇത് അഭ്യാസം ആവർത്തിച്ചു പറയുന്നതാണ് അർജുന യോഗ്യതയൊക്കെ അതുകൊണ്ട് അതൊന്നും വെറുതെ പറയുന്നതല്ല അങ്ങനെ എനിക്ക് വെക്കാതിരിക്കാൻ പറ്റത്തില്ല താല്പര്യം മനസ്സിലാക്കുന്നതിന് ചെറിയ രീതികളൊക്കെ ഉണ്ടല്ലോ അതനുസരിച്ച് നമ്മൾ മനസ്സിലാവും അർത്ഥവാദം വരാം അന്ന് ഇവിടെ വന്നില്ല അങ്ങനെ വരുന്നിടത്ത് വന്നു പക്ഷെ എവിടെയാണോ സന്ദർഭം അവിടെ പറയത്തു അങ്ങനെ അർത്ഥവാദത്തു അർത്ഥവാത് ഭാഗങ്ങൾ വരും പക്ഷെ ആവർത്തിക്കാനില്ല അത് അർത്ഥവാദം അത് ശാസ്ത്ര താല്പര്യം അതുകൊണ്ടെന്ന് പറയുന്നു കർമ്മം മാത്രമേ അധികാര നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം അത് സംബന്ധിതയാതേക്ഷം കർമ്മത്തോട് ബന്ധപ്പെട്ട് ശ്രുതികളിൽ പറയുന്ന ഫലങ്ങളിൽ പിന്നെ കഥാചിതക്കധികാരം ഒരിക്കലും നിനക്ക് അധികാരമില്ല വളരെ നേരർത്ഥം സ്പഷ്ടമായ അർത്ഥം പറഞ്ഞു അവിടെ സന്യാസം അങ്ങനെയൊന്നും കൊണ്ടൊരു കാര്യം ഇല്ല എന്ന് ചോദിക്കും